സ്വതന്ത്രനായി തീർന്നു അങ്ങനെയുള്ള ആൾക്ക് അയാള് സംസാര ബന്ധത്തിൽ നിന്ന് വിമുക്തനായി ഇവിടെ തന്നെ ഈ ക്ഷണം തന്നെ ജിതസർഗ അയാൾ സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു സമയം പോണെന്നുണ്ടല്ലേ ഒരു ശ്ലോകമേ ആയുള്ളൂ അടുത്ത ശ്ലോകം ജ്ഞാന വിജ്ഞാനതൃപ്താത്മാരിയു സമലോഷ്ടാശ്മ വിജ്ഞാനതൃപ്താത്മ ആരെയാണ് യോഗി എന്ന് പറയേണ്ടത് യോഗാരൂഢൻ എന്നു പറയേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം ജ്ഞാനം ജ്ഞാനം എന്താ ഇപ്പൊ നമ്മൾ കേൾക്കണല്ലോ കേൾക്കുന്നതിനെ നല്ലവണ്ണം വിചാരം ചെയ്ത് തെളിയുന്നത് ജ്ഞാനം അത് മാത്രം പോരാ അതിപ്പോ ടേപ്പ് റെക്കോർഡറിലും ഉണ്ട് അല്ലെ മുഴുവൻ പിടിച്ചെടുത്തിട്ട് കുറച്ചു കഴിഞ്ഞ് ഓൺ ചെയ്താൽ അതേപോലെ പുറത്തേക്ക് വിടും അത് പരോക്ഷജ്ഞാനം അത് നമുക്ക് നമ്മളുടേതായിട്ട് തീർന്നില്ല നമുക്കത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി ഉള്ളൂ തിയറിറ്റിക്കൽ നോളജ് അത് വേണം ശാസ്ത്രജ്ഞാനം അതില്ലാതെ സാധ്യമല്ല ആരംഭം അതാണ് മനസ്സിലാക്കി പിന്നീടോ പഞ്ചാംഗത്തില് ഈ വർഷം ഇത്ര പറ മഴ പെയ്യും അങ്ങനെയാണ് എഴുതുക പഞ്ചാംഗം നോക്കിയാല് ഇത്ര പറ എന്ന് എഴുതിയിട്ടുണ്ടാവും പഞ്ചാംഗം പിഴിഞ്ഞാൽ വെള്ളം കിട്ടുക അതുപോലെ ശാസ്ത്രത്തില് വഴികളൊക്കെ പറഞ്ഞു തരും ഇന്ന രീതികള് പറഞ്ഞു ശാസ്ത്രജ്ഞാനം അത് നമുക്ക് വിജ്ഞാനമാവണം വിജ്ഞാനമാവണമെങ്കിൽ എന്തുവേണം ശാസ്ത്രത്തില് പറഞ്ഞ രീതിയില് നമ്മള് ഉള്ളില് ധ്യാനം ചെയ്യണം ധ്യാനം ചെയ്ത് സ്വാനുഭവത്തിനെ സമ്പാദിക്കണം സ്വാനുഭൂതിയെ സമ്പാദിക്കണം അപ്പോ അനുഭവം വിജ്ഞാൻ പഞ്ചസാര മധുരമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഏയ് ഞാൻ വിശ്വസിക്കണം പഞ്ചസാര മധുരമാണ് എങ്ങനെ മനസ്സിലായിതാ അദ്ദേഹം കഴിച്ചപ്പോ പറഞ്ഞു അതുകൊണ്ട് മധുരമാണ് ഇത് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള അറിവ് അത് തന്നെ നമ്മൾ നാവിലിട്ടിട്ട് രുചിച്ചു കഴിഞ്ഞാൽ അത് വിജ്ഞാനം സ്വാനുഭവം നമുക്ക് അനുഭൂതിയുണ്ട് അല്ലെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് പറയണത് കേട്ടിട്ടുമൊക്കെ പറയണത് ജ്ഞാനം നമുക്ക് അനുഭവം ഉണ്ടായിട്ട് പറയണത് ഇത് രണ്ടും വരണം അപ്പോഴേ തൃപ്തി ഉണ്ടാവുള്ളൂ നല്ല മരുഭൂമിയില് വെള്ളം കിട്ടാതെ നടക്കുമ്പോ ഒരാളില് കയ്യില് ഒരു പാത്രം വെള്ളവും വെച്ചുകൊണ്ടിരിക്കുന്നു അയാളുടെ അടുത്ത് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം തരുവോ എന്ന് ചോദിക്കുമ്പോ വെള്ളം എന്ന് വെച്ചാൽ ഹൈഡ്രജനും ഓക്സിജനുമാണ് അത് കുടിച്ചാൽ നല്ല തണുപ്പുണ്ടാവും അത് നമുക്ക് ദാഹത്തിനെ ശമിപ്പിക്കും അതിന് അമൃതാണെന്ന് പറയുന്നു അതിന് ജലം എന്ന് പറയും തീർത്ഥം എന്ന് പറയും വെള്ളം എന്ന് പറയും ആപസ് എന്ന് പറയും പാനീ എന്ന് പറയും വാട്ടർ എന്ന് പറയും ഇതൊക്കെ പാലിച്ചു ഒതിച്ചു അല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ വെള്ളത്തിനെ കുറിച്ച് ഒരു തീസൈസ് എഴുതിക്കൊണ്ട് വരൂ പിന്നെ നമുക്ക് നോക്കാം ഡോക്ടറായിട്ട് തരാം എനിക്കതൊന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി എന്താ വെള്ളം കുടിച്ചാലേ ഇപ്പം തൃപ്തി വരുകയുള്ളൂ വെള്ളത്തിനെ കുറിച്ച് എത്ര എഴുതിയാൽ എനിക്ക് ദാഹം ഇല്ലെങ്കിൽ അത്യാവശ്യം തീസിസ് എഴുതലോ വെള്ളത്തിനെക്കുറിച്ച് പ്രസംഗം ചെയ്യലോ വെള്ളത്തിനെ കുറിച്ച് ശ്ലോകമെഴുതലോ ഒക്കെ ആവാം ദാഹമില്ലെങ്കിലും ദാഹിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല അല്ലേ തൃപ്തി വരണമെങ്കിലോ വിജ്ഞാനം കൊണ്ടേ തൃപ്തി വരുകയുള്ളൂ ജ്ഞാനം കൊണ്ട് തൃപ്തി വരില്ല ജ്ഞാനം കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒരു തൃപ്തി വരും പോണ്ട വഴി മനസ്സിലാക്കി എന്നാണ് കണ്ടെത്തേണ്ടത് എന്താണെന്ന് തെളിഞ്ഞു അങ്ങനെ ഒരു തൃപ്തി വരും ആ തൃപ്തി നമുക്ക് പൂർണ്ണമാവണമെങ്കിൽ മറ വസ്തുവിനെ കാണണം നമ്മളിൽ തന്നെ എന്നിൽ തന്നെ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല എന്ന് തള്ളിമാറ്റി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യത്തിനെ എന്നിൽ ഞാൻ ഞാനായി കാണണം അതിന് വിജ്ഞാനം അപ്പൊ എന്താവും തൃപ്താത്മാ എന്നാണ് അയാള് തൃപ്തനായിട്ട് തീരും ഇനി ഒന്ന് നേടാനില്ല എന്നാണ് അയാൾക്ക് ഏഴ് എട്ടു വൈ എട്ടു അയാളെ വിട്ടുപോകും എന്നാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പറയണോ ചികിത്സാനി വൃത്തി പ്രേപ്സാനി വൃത്തി ജിഹാസാനി വൃത്തി ജിജ്ഞാസാനി വൃത്തി കർമ്മനിവൃത്തി ഭയനിവൃത്തി ശോകനിവൃത്തി സർവദ്വൈത നിവൃത്തി ഇങ്ങനെ അനേകം അതായത് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ള ഭാവം വിട്ടുപോകും ഇനി പുതിയതായിട്ട് എന്തെങ്കിലും നേടാനുണ്ട് എന്നുള്ളതും വിട്ടുപോകും ഇനി എന്തെങ്കിലും എന്നിൽ നിന്ന് ഉപേക്ഷിക്കാനുണ്ട് എന്നുള്ളതും വിട്ടുപോകും ഭയം വിട്ടുപോകും ശോകം വിട്ടുപോകും പരിപൂർണ സംതൃപ്തി ഉണ്ടാവുന്നു ആ ഹൃദയത്തിലുള്ള തീർത്ഥം കുടിച്ചു കഴിയുമ്പോൾ പുറമേക്കുള്ള തീർത്ഥം കുടിച്ചാൽ പോരാ ഹൃദയത്തിലുള്ള ആ ജ്ഞാനമാവുന്ന അമൃത് കുടിച്ചു കഴിഞ്ഞാല് പരിപൂർണ തൃപ്തി ഏർപ്പെടുന്നു ആ തൃപ്തി ഇയാളെ പൂർണ്ണ തൃപ്തനാക്കി തീർക്കുന്നു അതാണ് ജ്ഞാന ആദ്യം ഗുരുമുഖമായി കേട്ടു മനസ്സിലാക്കി പിന്നീട് കണ്ടെത്തി അനുഭവിച്ചു കണ്ടെത്തി അനുഭവിച്ചു കൂട്ടസ്ഥ അല്ലെങ്കിലോ വെറും ജ്ഞാനത്തിന്റെ മണ്ഡലത്തിലായാലും പോരാ ശ്രീ സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമി അദ്ദേഹം ഒരു മഠത്തില് ശങ്കരാചാര്യ പദവിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സന്യാസിയാണ് ശാസ്ത്രപണ്ഡിതനായിരുന്നു തർക്കശാസ്ത്രം വേദാന്തശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് വാക്യസഭയിലൊക്കെ എത്രയോ പേരെ വാദിച്ചു തോൽപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെ കണ്ടാത്തന്നെ പണ്ഡിതന്മാര് പേടിക്കും എത്ര അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു പരമശിവേന്ദ്ര സരസ്വതി അദ്ദേഹത്തിനടുത്ത് ചെന്ന് ചില വൃദ്ധപണ്ഡിതന്മാർ ചെന്നു പറഞ്ഞു നിങ്ങളുടെ ഈ ശിഷ്യനുണ്ടല്ലോ അദ്ദേഹം ഒരു ക്ഷണ നേരം വായ അടക്കണില്ല വരുണവരെയൊക്കെ വാദിച്ചു തോൽപ്പിക്കണൂ സരസ്വതി നാവലുണ്ട് പക്ഷേ ഇത് അഭിമാനത്തിനും അഹങ്കാരത്തിനും കാരണമായിട്ട് തീരും അപ്പോൾ ഒരു ദിവസം പരമശിവേന്ദ്ര സരസ്വതി അദ്ദേഹത്തിനെ വിളിച്ച് വിളിച്ചുവരുത്തി വിളിച്ചുവരുത്തിയപ്പോ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചപ്പോ ഗുരു ചോദിച്ചു സദാശിവം തന്റെ വായ അടക്കില്ല എന്നാണ് ടച്ചു പിടിക്കില്ലേന് അന്നത്തെ ദിവസം സ്വാമികൾ വർത്തമാൻ ഭരണമൊക്കെ നിർത്തി മൗനിയായിട്ട് തീർന്നു അനേക കാലം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കീർത്തനങ്ങളൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടാവും സ്വാമികളെ കുറിച്ച് അധികം കേട്ടിട്ടുണ്ടാവില്ല കേരളത്തിൽ പ്രത്യേകിച്ച് പ്രസിദ്ധമായ കീർത്തനങ്ങള് മാനസ സഞ്ചരരെ ബ്രഹ്മണി മാനസ സഞ്ചരരെ അതേപോലെ പിബരേ രാമരസം രസനേ പിബരേ രാമരസം സർവം ബ്രഹ്മമയം പിന്നെ ബ്രൂഹിമുകുന്ദേതി വളരെ പ്രസിദ്ധമായ കീർത്തനം ബ്രൂഹിമുകുന്ദേതി ഇതൊക്കെ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളാണ് സ്വാമികൾ ഒരിക്കല് തഞ്ചാവൂരിലൊരു തെരുവിലൂടെ നടക്കുമ്പോ ഒരു തെരുവില് ആളുകളെ ചീട്ട് കളിച്ചോണ്ടിരിക്ക ചീട്ട് കളിച്ച് ലോകവർത്തുമാനം പറഞ്ഞുകൊണ്ടിരിക്കുക സ്വാമികൾ കുറെ നേരം അവിടെ നിന്നു അത്ര അദ്ദേഹത്തിന്റെ പുറേ ഒരു ഭക്തനും പോവണ്ട് അദ്ദേഹം ഇങ്ങനെ അവധൂതനാണ് വസ്ത്രം പോലും ഇല്ല അദ്ദേഹം ഇങ്ങനെ കുറച്ചുനേരം അവിടെ നിന്നു അവിടെ ചീട്ട് കളിച്ചുകൊണ്ട് ലോകവർത്തമാനവും പറഞ്ഞുകൊണ്ടിരിക്കുക ആള് അവിടെ കുറച്ചുനേരം നിന്നു അദ്ദേഹത്തിന് എന്താപ്പോ അവിടുന്ന് പിന്നെയും നടന്നു ഭാഗവതത്തില് അവതൂതനെ പോലെ അടുത്ത തെരുവിൽ ചെന്നപ്പോൾ അവിടെ ഒരാള് പുരാണ കഥകളുമൊക്കെ പറഞ്ഞ് ദേവലോകത്തിൽ ദേവേന്ദ്രനും മറ്റുമൊക്കെ യുദ്ധം നടന്ന കഥകളും അതും ഇതൊക്കെ പറയണം അപ്പൊ സ്വാമികൾ അടുത്ത് നിൽക്കുന്ന ഭക്തനോട് പറഞ്ഞു മറ്റേ സ്ട്രീറ്റില് അവിടുത്തെ തെരുവിൽ ോകത്തിലെ വെടിവർത്തമാനം ഈ തെരുവില് ആ ലോകത്തിലത്തെ ഗോസി ഇതില് ഈ ലോകത്തിലത്തെ കാര്യങ്ങള് അവിടെ ആ ലോകത്തെ വർത്തമാനം രണ്ടും സമം കാണും വസ്തുവിനെ സത്യത്തിനെ കണ്ടെത്താതെ ലോകവർത്തമാനങ്ങളില് പോലെ തന്നെ ഈ പുരാണങ്ങൾ പോലും എന്ന് പറഞ്ഞു കാരണം എന്താന്ന് വെച്ചാൽ അനുഭവത്തിന് വന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്തിനു കൊള്ളും തൃപ്തി ഏർപ്പെടണമെങ്കിൽ ആ പുരാണത്തിലോ ശാസ്ത്രത്തിലോ പറഞ്ഞ സത്യത്തിനെ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ അറിയേണ്ടത് അറിയുന്നത് ജ്ഞാനം അനുഭവിക്കുന്നത് വിജ്ഞാനം ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാ പോരാ ഈശ്വരനെ കണ്ടെത്തണം എവിടെ നമ്മളുടെ ഉള്ളിൽ അന്തരാത്മാവായിട്ട് അപ്പോ വിജ്ഞാനം സ്വാനുഭവം വിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ കൂടസ്ഥൻ എന്ന് വച്ചാൽ കൂടം പോലെ ചലിക്കാതിരിക്കുന്നവൻ എന്നാണ് ആദിശങ്കര ഭഗവത്പാദരർത്ഥം പറയണം സ്വരൂപത്തിനെ കണ്ട് ചലിക്കാത്ത സ്ഥിതിയിലിരിക്കുന്നവൻ എന്നൊരർത്ഥം മറ്റൊരർത്ഥം കൂടം എന്ന് വെച്ചാൽ കാപട്യം കളങ്കം എന്നൊക്കെ ഒരർത്ഥമുണ്ട് ഈ കാപട്യവും കളങ്കവും ഒക്കെ നിറഞ്ഞ ചിത്തത്തിന്റെ പുറകിൽ നിൽക്കുന്ന ആത്മാവിനെ കണ്ടെത്തിയവൻ കൂടസ്ഥൻ വിജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവെന്നാണ് ഇന്ദ്രിയങ്ങളൊക്കെ എപ്പോ ജയിക്കപ്പെടും അത്യാവശ്യമൊക്കെ നമ്മള് പ്രയത്നം കൊണ്ടൊക്കെ ചെയ്യും അല്ലേ ഏകാദശിക്ക് ഊണ് കഴിക്കില്ലാ ആഹാരം കഴിക്കില്ലാന്ന് വച്ചാലും മിക്കവാറും സ്വപ്നത്തിൽ അന്ന് സദ്യയായിരിക്കും എന്താന്ന് വെച്ചാ പകലൊന്നും കഴിച്ചില്ല അപ്പൊ രാത്രി സ്വപ്നത്തില് സദ്യ ചാപ്പിടണ പോലെ സ്വപ്നം എന്താ കാര്യം മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ഒന്ന് അടക്കി നിർത്തി ഉള്ളൂ ഇന്ദ്രിയങ്ങള് നിശേഷം ജയിക്കപ്പെടണമെങ്കിൽ ിയങ്ങളിലൂടെ ഉള്ള സുഖത്തിനേക്കാളും പാരമ്യത്തിലുള്ള പരമസുഖം ഹൃദയത്തിൽ കാണണം അത് കണ്ടാലേ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ വിചിതേന്ദ്രിയ ആത്മദർശനം കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ആയിട്ടുള്ളവനെ യുക്തയെത്യുച്ഛതേ അവനെ യോഗി എന്ന് പറയാം യുക്തൻ യുക്തൻ വെച്ചാൽ എല്ലാത്തിനെയും നിർത്തന്റെ അടുത്ത് നിർത്തിയവൻ എന്നർത്ഥം അയാള് സദാശാന്തനായിരിക്കുന്നു തൃപ്തനായിരിക്കുന്നു അവനെ യോഗി എന്ന് പറയുന്നു സമലോഷ്ട അശ്മനഹ അവന് ഒരു വിറകകഷ്ണവും ഒരു കല്ല് ഒരു മണ്ണാങ്കട്ടയും സ്വർണവും ഒക്കെ അയാൾക്ക് സമം വേണം കാരണം എന്താ ആത്മാവിൽ നിന്ന് അന്യമായിട്ടുള്ളതൊക്കെ കള്ളമാണോ മായയാണെന്നറിഞ്ഞവന് ഇവിടെ ഒന്നിനോട് ഒരു പ്രത്യേകതയും അല്ലെങ്കിലോ കല്ല് വേറെ സ്വർണം വേറെ അല്ലേ സ്വർണം കൊണ്ട് അമ്മിക്കുഴവുണ്ടാക്കുവോ കല്ലുകൊണ്ട് അമ്മിക്കുഴവുണ്ടാക്കും കാഞ്ചന സമലോഷ്ട അശ്മന നമ്മളുടെ അജ്ഞാനമാണ് സ്വർണം കല്ല് വിറക് എല്ലാം വ്യവഹാരത്തിന് വേണം വ്യവഹാരത്തിനുള്ള ഭേദത്തിനെയല്ല നിഷേധിക്കണത് പക്ഷേ ഭാവനയിൽ എന്തൊരു ഭേദം നമുക്ക് സ്വർണം എന്ന് വെച്ചാൽ ഹാ സ്വർണ്ണമാണ് കിട്ടണതെങ്കിൽ എന്ത് സുഖം സ്വർണം അണിഞ്ഞിരിക്കുന്ന ആളുകളെ കണ്ടാൽ ആഹാ അവര് എത്ര അണിഞ്ഞിരിക്കുന്നു അല്ലെ പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ വരുമ്പോൾ ആരാളും ഇട്ടിട്ട് വന്നാൽ ഒന്നാമത് അവര് ഞങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവം രണ്ടാമത് അടുത്തിരിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളും ഉള്ളിൽ അസൂയ എന്താ ഉള്ളത് ഈ സ്വർണത്തിൽ ആര് വില കൊടുത്തതിനും മണ്ണിന്റെ ഒരു രൂപമാണ് അതുവേ അതിന്റെ പേരിൽ എത്ര കുത്തും കൊലയും യുദ്ധങ്ങളും ഷണ്ടയും ദ്വേഷങ്ങളും അഞ്ചാമത്തെ സ്ഥാനമാണ് കലിയുടെ ഭാഗവതത്തില് നാല് സ്ഥാനം കലിക്ക് വകുത്തുകൊടുത്താൽ അഞ്ചാമത്തെ സ്ഥാനം സ്വർണത്തിലിരുന്നോളൂന്ന് പറഞ്ഞു സ്വർണത്തിൽ എങ്ങനെ കലി ഇരിക്കണമെന്ന് വെച്ചാൽ പ്രത്യേകത എന്തിനു കൊടുക്കണോ അത് നമ്മളെ ദുഃഖിപ്പിക്കും അതാണ് കലി എന്തെങ്കിലും ഒന്നിന് നമ്മൾ അധികം അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്താൽ ആ വസ്തു നമ്മളെ ദുഃഖിപ്പിക്കും അപ്പോ ഇത് ഒന്നിനോടും പ്രത്യേകതയില്ല ഒന്നിനോടും പ്രത്യേകതയില്ല യാതൊന്നിനോടും പ്രത്യേകതയില്ലാതെ സർവത്തിലും സമബുദ്ധി വന്നവൻ വേണമെങ്കിൽ എന്തിനേയും ഉപയോഗിക്കും വിറകാവട്ടെ സ്വർണമാവട്ടെ അയാൾ എന്തിനേയും ഉപയോഗിക്കും വേണ്ടെങ്കിലോ ഒന്നിനോടും അയാൾക്കൊരു പ്രത്യേകതയില്ല സമലോഷ്ടാഷ്മനഹ അങ്ങനെയുള്ളവനെ യോഗി എന്ന് പറയാം ആ യോഗിയെ വീണ്ടും വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തില് നോക്കാം സുഹൃന് മിത്രാര്യുദാസീന മധ്യസ്ഥേഷ്യബന്ധുഷമബുദ്ധിർവിശിഷ്യത്തെ സുഹൃത്ത് മിത്രം സുഹൃത്ത് എന്ന് വെച്ചാൽ വളരെ അടുപ്പമുള്ള ഹൃദയബന്ധമുള്ളവൻ സുഹൃത്ത് കൂടെ നമുക്ക് സഹായിട്ട് നടക്കുന്നവൻ മിത്രം അരി ശത്രു അരി എന്ന് വെച്ചാൽ ചാപ്പാട് കഴിക്കണ അരിയല്ല ശത്രു അരി ഉദാസീന ഉദാസീന വെച്ചാൽ ആ നിങ്ങൾ തല്ലിയാലും വേണ്ടില്ല നിങ്ങൾ തമ്മിൽ കൊന്നാലും വേണ്ടില്ല നിങ്ങൾ എന്തോ ചെയ്യൂ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കണമെന്ന് ഉദാസീന മധ്യസ്ഥൻ മധ്യസ്ഥൻ എന്ന് വെച്ചാൽ രണ്ടുപേരും തല്ലുകൂടുമ്പോ ഇടയിൽ ചെന്ന് നിക്കും നിങ്ങൾ തല്ലുകൂടണ്ട എന്ന് പറയും ചിലപ്പോൾ അയാൾക്ക് രണ്ടെണ്ണം കിട്ടിയെന്ന് വരും നടുവിൽ നിൽക്കുന്ന ആൾക്ക് അയാൾ മധ്യസ്ഥൻ ദ്വേഷ്യം ആളുകളെ വെറുക്കുന്നവർ പിന്നെ ബന്ധു ബന്ധുക്കളായിട്ടുള്ളവരും ഇങ്ങനെയൊക്കെ ഉള്ളവരോട് സാധുഷു മഹാത്മാക്കളായിട്ടുള്ള സാധുക്കൾ പാപേഷു പരമപാപികളായിട്ടുള്ളവർ ഇവരിലൊക്കെ സമബുദ്ധി ആർക്കുണ്ടോ സവിശിഷ്യദേവൻ വലിയ ജീവൻ മുക്തനാണ് ജ്ഞാനിയാണ് ജ്ഞാനികൾക്ക് സാധ്യമാവുള്ളൂ എത്ര വലിയവർ എത്ര ചെറിയവർ വരട്ടെ അവരോടൊക്കെ സമബുദ്ധി ഇതാണ് ഭഗവാൻ രമണ മഹർഷിയില് ഈ ലക്ഷണം പരിപൂർണമായിട്ട് കാണാമായിരുന്നു അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിട്ടുള്ളവർ വന്നാലും ശരി ബന്ധുക്കളായിട്ടുള്ളവർ വന്നാലും ശരി അദ്ദേഹത്തിന് വെറുക്കുന്നവര് വന്നാലും ശരി മഹാത്മാക്കളായിട്ടുള്ള സാധുക്കൾ അദ്ദേഹത്തിനെ കാണാൻ വന്നിട്ടുണ്ട് നാരായണ ഗുരുസ്വാമി വന്നു പുരി ശങ്കരാചാര്യർ അദ്ദേഹത്തിനെ കാണാൻ വന്നു ഏകദേശം അടുത്ത കാലത്തുണ്ടായിരുന്ന എല്ലാ മഹാത്മാക്കളും മഹർഷിയെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട് ശിവാനന്ദ സരസ്വതി അബേദാനന്ദ സ്വാമി ഇവരിൽ പലരും അദ്ദേഹത്തിന് ഗുരുവായി ധരിച്ചിരുന്നു ചിന്മയാനന്ദൻ ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരു തപോവനസ്വാമി എല്ലാരും മഹർഷിയെ കാണാൻ ചെന്നു അവര് വരുമ്പോഴും ഒരു സാധാരണ ആള് വരുമ്പോഴും അവിടുത്തെ മൃഗങ്ങൾ വരുമ്പോഴും ഒക്കെ ഒരേ ഭാവമാണ് ഒന്നിനോടും പ്രത്യേകത ഇല്ല പ്രത്യേക ഒരു ചലനവും ആരെങ്കിലും പ്രത്യേക ഒരു വലിയ ആള് വരുന്ന പോക്കില്ല ആ വരവേൽക്കാൻ പ്രത്യേകത കാണിക്കലോ ആണ് മായാന്നാണ്വൈത ഭാവം വന്നു ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നതിനൊക്കെ മുമ്പ് മഹർഷിയെ കാണാൻ ചെന്നിരുന്നു അപ്പൊ തന്നെ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞ് തിരുവണ്ണാമലയിലൊക്കെ അറിഞ്ഞിരുന്നു അപ്പൊ ആശ്രമത്തില് അദ്ദേഹം രാധാകൃഷ്ണൻ വരുന്നതിനു മുമ്പ് ഒരു ഭക്തൻ രമണ മഹർഷിയോട് ചോദിച്ചു സ്വാമി മായ എന്ന് വെച്ചാൽ എന്താണ് ചോദിച്ചു അപ്പൊ മഹർഷി ഉത്തരമേ പറഞ്ഞില്ലേ മായ എങ്ങനെ പറയും ഡെഫിനേഷൻ കൊടുക്കാൻ വയ്യ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഒരു സമയത്ത് നമുക്ക് നല്ലതായിട്ടുള്ളത് ഒരു സമയത്ത് മായയായിട്ട് മാറും അപ്പൊ മായയെ ഡെഫിനിഷൻ കൊടുക്കാൻ വയ്യ അപ്പം ഇണ്ടാതിരുന്നു അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ അവിടെ വന്നു അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്ന ആളുകളൊക്കെ കൂടെ വന്നു അവിടെ മഹർഷിയുടെ മുമ്പിൽ കുറെ പേര് ധ്യാനിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവരും കണ്ണു തുറന്നു രാധാകൃഷ്ണൻ അവിടെ വന്നു ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ അവിടെ മഹർഷിയുടെ മുമ്പിലിരുന്നു ഈ ഭക്തന്മാരും കൂടെ വന്നവരും അവിടെ ഇരുന്നു രാധാകൃഷ്ണൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമസ്കരിച്ച് എണീറ്റ് പോയപ്പോ ഇവിടെ ഇരിക്കണ ധ്യാനിക്കണവരും അദ്ദേഹത്തിന് കൂടെ പുറകെ പോയി ഈ ചോദ്യം ചോദിച്ച ആളും പോയി പോയിട്ട് അയാൾ തിരിച്ചു വന്നപ്പോ അയാളോട് മഹർഷി പറഞ്ഞു ഇത് തന്നെ ഭയ അല്ലെങ്കിൽ എന്തു പ്രത്യേകത അയാളും നിങ്ങളെ ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിലും ഇതേ ഈശ്വരനുണ്ട് അതേ നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് സകല ഉണ്ട് ഈ സമദർശിത്വമില്ലാതെ ഫാസിനേഷൻ അയാളുടെ അടുത്ത് എന്തോ പ്രത്യേകതയുണ്ടോന്നു അയാളുടെ പുറകെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകേ ഇല്ല പുറത്ത് എവിടെ അവിടെ കിട്ടുവോ ഇവിടെ കിട്ടുവോ അലഞ്ഞു നടക്കുക ആളുകൾ അപ്പോ സമബുദ്ധി വിശിഷ്യത്തെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുരുവിനെ ആശ്രയിക്കണ്ടേ മഹാത്മാക്കൾ ആശ്രയിക്കണം ഗുരുവിനെ മഹാത്മാക്കളെ ഒക്കെ ആശ്രയിക്കണം പക്ഷേ അതിന് കടന്ന് അവരുടെ ശരീരത്തിനെ ആശ്രയിക്കാൻ പാടില്ല അവരിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തിനെയാണ് ആശ്രയിക്കേണ്ടത് നമുക്കിപ്പം നോക്കിക്കൊള്ളാം ഒരു മഹാത്മാവ് എന്ന് പറഞ്ഞ ഒരാളെ കിട്ടിയാൽ പോലും ശരീരത്തിനെ പൂജിച്ച് അദ്ദേഹത്തിനെ കൊല്ലും അപ്പൊ ശരീരത്തിന് അല്ല ആരാധന ജ്ഞാനത്തിനാണ് ആരാധന അപ്പൊ ജ്ഞാനത്തിനെ ആരാധിക്കുകയാണെങ്കിലോ പതുക്കെ പതുക്കെ പതുക്കെ നമുക്ക് സമദർശിത്വം വന്നു തുടങ്ങും ആ സമദർശിത്വം ഉണ്ടെങ്കിൽ മനസ്സെപ്പോഴും അധികം ചിത്തവൃത്തികൾ ഉണ്ടാക്കാതെ നിക്കും ചിത്തവൃത്തികളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നിനോട് പ്രത്യേകത കാണിച്ചാൽ അതിനെക്കുറിച്ച് വിചാരിക്കും ഒന്നിനെ വെറുത്താൽ അതിനെക്കുറിച്ച് വിചാരിക്കാം ഒന്നിനോടും പ്രത്യേകതയില്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും പ്രത്യേകിച്ചുള്ള വിചാരമില്ലാതെ എപ്പോഴും സമവും ശാന്തവുമായിട്ട് യോഗസ്ഥിതിയിൽ നിൽക്കും മനസ്സിന്റെ രണ്ട് സ്ഥിതിയാളുള്ളത് വിഷമം സമം വിഷമം എന്ന് അല്ലെങ്കിൽ ലയം വിക്ഷേപം കഷായം എന്ന് നില പറഞ്ഞില്ലേ അതൊക്കെ വിഷമസ്ഥിതിയാണ് ഈ ലയമോ വിക്ഷേമമോ കഷായമോ ഇല്ലാതെ ചിത്തവൃത്തികൾ ഉദിക്കുന്നുമില്ല ലയിക്കുന്നുമില്ല ജാഗ്രതയോടുകൂടെ അലേർട്ടായിട്ടുള്ള സ്ഥിതിയാണ് സമസ്ഥിതി ആ സമസ്ഥിതി വരണമെങ്കിൽ വ്യവഹാര മണ്ഡലത്തിലും പതുക്കെ പതുക്കെ പതുക്കെ പ്രത്യേകതകളൊക്കെ വന്നാൽ സമസ്ഥിതി വരും ഒന്നിനും ഒരു വലിയ പ്രത്യേകതയില്ലെങ്കിൽ ഒന്നുകൊണ്ടും വലുതായിട്ട് ചലിക്കപ്പെടാത്ത ഒരു സ്ഥിതി നമുക്ക് സിദ്ധിച്ചാൽ ധ്യാനത്തിലും മനസ്സ് എളുപ്പത്തിൽ അടങ്ങി കിട്ടും വ്യവഹാരത്തിനെ ശരിയാക്കാതെ ധ്യാനിക്കാൻ പറ്റില്ല വ്യവഹാരത്തിൽ ഒരുപാട് മാറ്റം വരുത്താതെ ധ്യാനം സിദ്ധിക്കില്ല എന്നാണ് ഇത്രയും ശരിയായാൽ ഉം പ്ലെയിൻ കുറച്ചു ദൂരം ചോട്ടൽ ഓടിക്കഴിഞ്ഞാൽ പിന്നെ മേലക്ക് ടേക്ക് ഓഫ് ആവാം പ്ലെയിൻ ആദ്യം ഓടണം ചോട്ടൽ മണ്ണില് കുറെ ദൂരം ഓടും പതുക്കെ ഓടി പിന്നെ വേഗത്തിൽ ഓടി പിന്നെ മേലോട്ട് പോകുന്ന പോലെ ഈ വ്യവഹാരത്തിനെ ശരിയാക്കലാണ് പുറമേക്ക് ഒന്നിനോടും രാഗമില്ല ദ്വേഷമില്ല പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ കർമ്മത്തിനെ ശുദ്ധമാക്കുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി ധ്യാനം തുടങ്ങാം അപ്പൊ അർജുനൻ ചോദിക്ക ഭഗവാനെ എങ്ങനെയാ ധ്യാനിക്കേണ്ടത് അങ്ങ് ഇത്രയും നേരം പലതും പറഞ്ഞു തന്നുമല്ലോ ഇനിയും ധ്യാനം എങ്ങനെ ചെയ്യും ഇങ്ങനെ ധ്യാനിക്കും ധ്യാനിക്കാൻ എന്താ വളരെ എളുപ്പം കാലിങ്ങനെ വയ്ക്ക പത്മാസനത്തിൽ വയ്ക്കുക കയ്യ് ഒരു കൈക്ക് മുകളിൽ വെക്കുക കണ്ണടക്ക ധ്യാനിക്കാം വിഷമമേ എത്ര എളുപ്പം ശേഷാദ്രി സ്വാമികൾ തിരുവണ്ണാമലുണ്ടായിരുന്ന ഒരു സിദ്ധനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഭ്രാന്ത് പോലെ നടക്കും ഓടി നടക്കും അപ്പൊ അദ്ദേഹത്തിനോടൊരു അമ്മ ചോദിച്ചു സ്വാമി സ്വാമി ആ അമ്മയോട് പറഞ്ഞു നിങ്ങള് എന്ത് ചെയ്യണു സാധന അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ പൂജയൊക്കെ ചെയ്യണു കുറച്ച് പ്രാണായാമൊക്കെ ചെയ്യുന്നു അപ്പൊ സ്വാമികൾ പറഞ്ഞു കുറച്ച് ധ്യാനിക്കരുതോ അപ്പൊ സ്വാമി എങ്ങനെയാ ധ്യാനിക്കേണ്ടത് ചോദിച്ചു ശേഷാദ്രസ്വാമിയുടെ അമ്മ സ്വാമികൾ ഉടനെ പത്മാസനത്തിൽ ഇരുന്ന് ഒറ്റ ഇരിപ്പ് മണിക്കൂർ നേരം അഞ്ചു മണിക്കൂർ നേരം ഒരു ഇരിപ്പിരുന്നിട്ട് എണീറ്റിട്ട് പറഞ്ഞു ഇങ്ങനെയാ ധ്യാനിക്കേണ്ടത് എന്ന് അങ്ങോട്ട് പോയി പുറമേക്ക് നമ്മൾ എന്ത് കാണുന്നു ശരീരം നിശ്ചലമായി കണ്ണടച്ചു പ്രാണൻ പോലും അടങ്ങിയ സ്ഥിതി അപ്പോ ഇങ്ങനെ ധ്യാനമാണെങ്കിൽ നമുക്ക് മനസ്സിലാവോ ശരിക്കെയാണ് പഠിപ്പിക്കേണ്ടത് ധ്യാനം അല്ലാതെ മനസ്സിനെ അടക്കൂ ജപിക്കൂ ഇതൊന്നും അല്ല നമ്മൾ ഒരാൾ ശരിക്കും ധ്യാനിക്കുകയാണെങ്കിൽ അവരുടെ സന്നിധിയിൽ ചെന്നിരുന്ന നമ്മളും ധ്യാനിക്കും ഒരാൾ ധ്യാനസിദ്ധനാണെങ്കിൽ ജ്ഞാനസിദ്ധനാണെങ്കിൽ അയാളുടെ സാന്നിധ്യത്തില് നമ്മളറിയാതെ നമ്മളുടെ മനസ്സടങ്ങി ഒരു ശാന്തി ഒരു നിശ്ചലത ഒക്കെ വരും അതുകൊണ്ടാണ് യോഗവാസിഷ്ടത്തിൽ വശിഷ്ഠം പറയുന്നു മഹാജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കള് യോഗാരൂഢന്മാരായിട്ടുള്ളവര് അവരുടെ ഉള്ളിൽ എപ്പോഴും ആ നിശ്ചലതയുള്ളത് അവരെ അടുത്ത് പോയി ആധ്യാത്മികമായിട്ടുള്ള വർത്തമാനം തന്നെ പറയണമെന്നില്ല എന്നാണ് അവരെടുത്തുപോയി ലോകവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും നമ്മളുടെ മനസ്സ് പതുക്കെ പതുക്കെ പതുക്കെ അവരുടെ സാന്നിധ്യത്തിൽ അടങ്ങും അവര് നമുക്ക് രസിക്കുന്ന കാര്യങ്ങൾ പറയണമെന്ന് പോലും അവർ ചീത്ത വിളിച്ചാൽ പോലും അവരുടെ അടുത്ത് ചെന്നിരുന്നാൽ നമ്മളെ അറിയാതെ ഒരു പുഷ്പത്തു സുഗന്ധം വരുന്ന പോലെ അവരുടെ ഉള്ളിലുള്ള ആ നിശ്ചലത ആ യോഗാനുഭവം നമ്മളെ ഇങ്ങനെ ആശ്വാസപ്പെടുത്തും നമ്മളെ ഇങ്ങനെ നമ്മളുടെ മനസ്സിനെ പതുക്കെ പതുക്കെ അവരുടെ സാന്നിധ്യത്തിൽ അടക്കി അടക്കി അടക്കി അടക്കി ഒരു സുഖസ്ഥിതിയിൽ കൊണ്ടുവന്ന് നിരത്തും റിയാതെ ഇരുത്തും അപ്പൊ ഇതാണ് സത്സംഗത്തിന്റെ ബലം ഇതാണ് മഹാത്മാക്കളുടെ ലക്ഷണവും ഇതാണ് കണ്ടുപിടിക്കാനുള്ള വഴി രാമായണത്തില് സുന്ദരകാന്ഡത്തില് ഹനുമാൻ പെട്ടെന്ന് സീതയുടെ മുമ്പിൽ വന്നപ്പോഴേ സീതാദേവി സംശയിക്കും എന്താന്ന് വെച്ച ലങ്കയിൽ അതുവരെ ഒരു വാനരൻ കൊരങ്ങു കൊരങ്ങുണ്ടായിരുന്നില്ലേ അത്രേ ആദ്യമായി ഹനുമാനാണ് ലങ്കയിൽ വന്ന വാനരൻ അപ്പൊ സീത അവിടെ വാനരനെ കണ്ടിട്ടില്ല അപ്പോ രാക്ഷസന്മാര് വേഷം കെട്ടി വന്നതാണെന്ന് വിചാരിച്ചു സീതാദേവി പലവട്ടം ആഞ്ജനേയൻ അടുത്തു വരുമ്പോഴൊക്കെ സീതയ്ക്ക് സംശയം അവസാനം സീതയ്ക്ക് സംശയിക്കാൻ പറ്റാതായി എന്താന്ന് വെച്ചാൽ അദ്ദേഹം അടുത്തു വരുന്തോറും സീത ഇത്രയധികം കരഞ്ഞുകൊണ്ടിരുന്ന സീതയ്ക്ക് ഉള്ളിലൊരു ആനന്ദം ഒരു ശാന്തി ഒരു തൃപ്തി ദുഃഖമൊക്കെ ഒരു ക്ഷണത്തില് സൂര്യൻ ഉദിക്കുമ്പോ മഞ്ഞുരുകി പോകുന്ന പോലെ ആഞ്ജനേയസ്വാമി അടുത്തു വരുന്തോറും സീതയുടെ ദുഃഖം അകന്നകന്നകന്നു പോവാം അപ്പൊ സീതാദേവി തീരുമാനിച്ചു ഇത് ഒരു മഹാത്മാവാണെന്ന് മനസോഹി മമപ്രീതി ഹി ഉത്പന്നാത് അവദർശനാത് അങ്ങനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരു പ്രീതി തോന്നു ഒരു ശാന്തി തോന്നു അതുകൊണ്ട് അങ്ങ് രാക്ഷസനല്ല എന്ന് ഞാൻ തീരുമാനിക്കണമെന്നാണ് അപ്പോ സാധുക്കളെയും മഹാത്മാക്കളെയും തീരുമാനിക്കാൻ പോലും വഴി എന്താ അവര് ധ്യാനസിദ്ധന്മാരായതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ മനസ്സടങ്ങും നിശ്ചലത ഉണ്ടാവും അപ്പോ അതാണ് യഥാർത്ഥ വഴി എങ്കിലും അതുകൊണ്ടാണ് ഭാഗവതത്തിലൊക്കെ സത്സംഗത്തിന് ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത് നാരദമഹർഷി ഭക്തിസൂത്രത്തിൽ പറഞ്ഞു ഭക്തി ഉണ്ടാവാൻ ഒരേ ഉള്ളൂ സത്സംഗം എന്നാണ് സത്സംഗ സർവതായവ സത്സംഗ സത്സംഗത്തിന്റെ ഫലം അമോഘമാണെന്നാണ് സത്സംഗത്തില് നമ്മള് ആശ്രയിച്ചാല് നമ്മളെ അറിയാതെ നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഉറങ്ങിയാൽ പോലും നമ്മളറിയാതെ നമ്മളെ അതിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊടു അതേപോലെ തന്നെ ദുസ്സംഗവും ദുസ്സംഗത്തിലും നമ്മൾ അതിൽ പ്രവേശിച്ചിട്ട് നമ്മൾ അവിടെ വലുതായിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ബാധിക്കും അതുകൊണ്ട് ബാധിക്കപ്പെടും ഈ ബാക്ടീരിയ ജലദോഷമുള്ളവരുടെ അടുത്തിരുന്നാലേ നമ്മൾക്ക് അവരോട് ഭക്തിയൊന്നും വേണ്ട ജലദോഷം പിടിക്കും നമുക്ക് അവരോട് സ്നേഹമൊന്നും വേണ്ട ജലദോഷം പിടിക്കും അതുപോലെ മനസ്സിന്റെയും ഈ സ്പന്ദനങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും സാത്വികമായ സ്പന്ദനമാണെങ്കിൽ നമ്മളെ അത് ബാധിക്കും രാജസികമാണെങ്കിൽ അത് ബാധിക്കും അതുകൊണ്ടാണ് ചിലപ്പോ ചില ആളുകളുടെ അടുത്ത് ചെന്നിട്ട് വന്നാൽ തന്നെ നമുക്ക് സമാധാനമൊക്കെ പോകും ഡിസ്റ്റർബും നമുക്ക് കാരണം അറിയില്ലേ എന്താ കാരണം പറയാൻ വയ്യാതെ മനസ്സ് ചപലമാവും അപ്പോ സത്സംഗമാണ് ഏറ്റവും നല്ല വഴി സത്സംഗം കൊണ്ട് കിട്ടുന്ന ഈ ധ്യാന ആ ധ്യാനരസത്തിനെ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഏകാന്തത്തിൽ സാധന ചെയ്യണം അതിനെയാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത് ശ്ലോകത്തില് കാണാം സതതം ആത്മാനം രഹസി സ്ഥിതീയതചിത്താത്മാ യോഗി യുഞ്ചീത്ത സതതം ആത്മാനം രഹസിസ്ഥിത ഈ ശ്ലോകം മുതൽക്ക് ധ്യാനത്തിനെ പറയാണ് ഭഗവാൻ യോഗി എന്നുവച്ചാൽ സാധകൻ ധ്യാനം ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള ആള് രഹസിസ്ഥിത കഴിയുന്നതും ആളുകൾ കാണാത്ത സ്ഥലത്തിരിക്കണം വേണം എന്താന്ന് കാണുന്ന സ്ഥലത്തിരുന്ന ഒന്നാമത് അവര് കാണുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വലിയ ധ്യാനമൊക്കെ കാണിക്കും ചില ആളുകൾ എങ്ങനെയുണ്ട് നാലുപേര് കാണുന്ന സ്ഥലത്തിരിക്കും ജപിക്കാനും ധ്യാനിക്കാനും ഒക്കെ രാമകൃഷ്ണ പരമാസര് പറയും നല്ല യോഗികള് ആരും കാണാതെ രാത്രി ഇരുട്ടത്തിരുന്ന് ധ്യാനിക്കും എന്നാണ് നാലുപേര് രാത്രി ഉറങ്ങില്ല എന്നാണ് യോഗികൾ ഉറങ്ങില്ല ഭോഗികളും ഉറങ്ങില്ല രോഗികളും ഉറങ്ങില്ല ദ്രോഹികളും ഉറങ്ങില്ല രാത്രി യോഗികൾ ധ്യാനത്തിലിരിക്കണത് കൊണ്ടോ ഉറങ്ങില്ല നിശ്ചലമായിരിക്കും ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ല അപ്പൊ ഏകാന്തത്തിലിരുന്ന ധ്യാനം യോഗികള് ഭോഗികള് ഭോഗം കൊണ്ട് ഉറങ്ങില്ല രോഗികള് രോഗം കൊണ്ടോ ഉറങ്ങില്ല ദ്രോഹികളും മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ചിന്ത കൊണ്ടോ ഉറങ്ങില്ല അപ്പോ രഹസ്യസ്ഥിത രഹസ്യം എന്ന് ഭഗവാൻ രഹസ്യതർപ്പണ തർപ്പിതായീ നമഹ എന്ന് ലളിതാസഹസ്രനാമത്തിൽ ഒരു നാമം രഹസ്യത്തില് പൂജ ചെയ്യ ആരാധന ചെയ്യ അപ്പൊ രഹസ്യർപ്പണ തർപ്പിതക്രമാരാധ്യായ ഇവിടെ രഹസ്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താ അർത്ഥം കഴിയുന്നതും മറ്റുള്ളവരുടെ ശ്രദ്ധ പതിയാത്ത സ്ഥലത്ത് ഏകാന്ത സ്ഥലത്ത് നമ്മളെ ആരും ചലിപ്പിക്കാത്ത സ്ഥലത്ത് ഇരിക്കുന്നു രഹസിസ്ഥിത രാമകൃഷ്ണ പരമംശൻ പറയും കൊതുകുവലയ്ക്കുള്ളിൽ ഇരുന്ന് ധ്യാനിക്കുന്ന രഹസിസ്ഥിത ി തനിച്ച് കൂട്ടത്തോടെ ധ്യാനമൊന്നും പാടില്ല കൂട്ടത്തോടെ ധ്യാനിക്കുകയാണെങ്കിൽ അവൻ എണീറ്റോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും അവൻ എണീറ്റിട്ടേ ഞാൻ എണീക്കുള്ളൂ ഏകാദശ സ്കന്ധത്തില് അവധൂതൻ പറഞ്ഞു ഏകയേവ ചരിത്തസ്മാത് കുമാരെയവ കങ്കണാൻ വാസേ ബഹൂനാം കലഹ ദ്വയോ ഭേദപി ഒരു യോഗാ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അമ്മ ഒന്ന് പറഞ്ഞു സ്വാമി എനിക്ക് ധ്യാനിക്കുമ്പോ ഒന്നും ഉണ്ടാവണില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഉണ്ടാവണ്ടെന്ന് ശാന്തി ഒക്കെ ഉണ്ട് പക്ഷെ ഓരോരുത്തർ അവിടെ വന്നിട്ട് ഞങ്ങൾ കുണ്ടലിനിയെ കണ്ടു വെളിച്ചം കണ്ടു ഗണപതിയെ കണ്ടു പലതും പറയണു എനിക്കൊന്നും ഉണ്ടാവും അതാണോ കുഴപ്പം മറ്റുള്ളവരുമായിട്ട് കൂടെ നിന്നാൽ ഓരോരുത്തർ ഓരോന്ന് പറയും ഒരുത്തൻ കണ്ടു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ വെറുതെ അവൻ ഞാൻ രണ്ടെണ്ണം കണ്ടു എന്ന് പറയുന്നു അപ്പൊ ഒന്നിന് പേരെ രണ്ടെണ്ണം കണ്ടുവന്നു അപ്പൊ ഈ കൂട്ടത്തോടെ ഒന്നും ശരിയാവില്ലേ അധ്യാത്മയാത്ര തനിച്ചു തന്നെ കൂട്ടത്തോടെ സാധ്യമേ അല്ല അതുകൊണ്ട് ഏകയേവചരയം രണ്ടുപേരുണ്ടെങ്കിൽ വർത്തമാനം മൂന്നുപേരുണ്ടെങ്കിൽ ചീട്ടുകളി നാലുപേരായ കലഹം കലഹമായിട്ട് തരും അതുകൊണ്ട് ഏകയേവചരയ തസ്മാത് അപ്പോ ഏകാകി യഥചിത്താത്മ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മധ്യാനപരനായി നിരാശീഹി ആശകളില്ലാതെ അപരിഗ്രഹ അധികം വസ്തുക്കളെ ശേഖരിച്ചു വയ്ക്കാതെ സന്യാസികളൊക്കെ ഇപ്പോ ധാരാളം ശേഖരിച്ചു വെച്ചാൽ എന്താവും അവരുടെ മനസ്സതിൽ പോയിക്കൊണ്ടേയിരിക്കും ആശ്രമം നന്നാക്കണം ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ഇനി അതിന് പണം ധാരാളം വേണം ബുദ്ധിയും മനസ്സും അതിന് എന്തും നമ്മൾ ന്യായീകരിച്ചാലും എത്ര ന്യായീകരിച്ചാലും ഈ നിയമത്തിനൊരു അപവാദമേ ഇല്ല നമ്മൾ എന്തൊക്കെ തന്നെ ന്യായീകരണങ്ങൾ അതിനുവേണ്ടി പറഞ്ഞാലും തപസ് നഷ്ടപ്പെട്ടു പോകും ലോകത്തിനൊക്കെ അതുകൊണ്ട് ഗുണം ഉണ്ടാവുമായിരിക്കും പക്ഷെ ധ്യാനത്തിനോ തപസ്സിനോ സാധ്യമല്ല അതുകൊണ്ട് അപരിഗ്രഹ അപരിഗ്രഹം ഒരു ധർമ്മമാണ് യോഗത്തിന്റെ ആദ്യത്തെ ദ്വാരം തന്നെ ആചാര്യസ്വാമികൾ പറയുന്നത് യോഗസ്ഥ പ്രഥമദ്വാരം വാങ് നിരോധോ അപരിഗ്രഹ വാക്കിനെ അടക്കലും വാക്കിനെ അടക്കാന്ന് ശുദ്ധമാക്കുക അനാവശ്യമായി അനേകം വർത്തമാനങ്ങൾ പറയാതെ ഭഗവത് വിഷയവുമായിട്ട് തന്നെ വാക്കിന് ശുദ്ധീകരിച്ചുകൊണ്ട് വരിക പിന്നെയോ ആവശ്യത്തിൽ അധികം ശേഖരിച്ചു വയ്ക്കാതിരിക്കുക അതിന് മനസ്സു പോകും അപ്പോ നിരാശീഹി ആശകള് വെച്ചാൽ തന്നെ മനസ്സിന്റെ പുറംപോക്കാണല്ലോ ആശ അല്ലേ മനസ്സ് പുറത്തുപോയി അനേക വസ്തുക്കൾ ചിന്തിക്കുന്നതാണ് ആശ ആ ആശ വിട്ടു നിരാശീഹി അപരിഗ്രഹ പരിഗ്രഹം ഇല്ലാതാക്കി ഇതൊക്കെ ധ്യാനത്തിന്റെ പടി അത്ര ഇതില്ലെങ്കില് പ്ലെയിന് മേലോട്ട് പോയില്ല ധ്യാനത്തിന് ആദ്യത്തെ പടിയാണ് സതതം യുഞ്ചീത ഇത്രയൊക്കെ തയ്യാറായിട്ട് ഏകാന്തത്തിലിരുന്ന് രഹസ്യസ്ഥാനത്തിലിരുന്ന് സതതം യുഞ്ചീത പതുക്കെ പതുക്കെ പതുക്കെ നിരന്തരം സന്തതം ഏർ വിഷമിക്കാതെ ഡിപ്രസ്ഡ് ആവാതെ എത്ര തോറ്റുപോയാലും തോറ്റു കൊടുക്കാതെ ധ്യാനം പരിശീലിക്കണം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഇതാണ് ധ്യാനത്തിന്റെ പ്രക്രിയ ഏകാന്തത്തിൽ കൊണ്ട് നമ്മള് എന്റെ ഞാൻ ആരാണ് അല്ലെങ്കിലോ ആദ്യം എന്ത് ചെയ്യുന്നു ഒരു മന്ത്രം ജപിക്കുന്നു മന്ത്രത്തിനെ നിരന്തരം ധ്യാനിക്കുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും ദിവ്യരൂപത്തിനെ ധ്യാനിക്കുന്നു അതും പതുക്കെ പതുക്കെ പതുക്കെ ആത്മധ്യാനത്തിലേക്ക് കൊണ്ടു ചെന്നാക്കും ഭാഗവതത്തില് ഭഗവാന്റെ ദിവ്യരൂപത്തിനെയൊക്കെ വർണ്ണിച്ചു സഞ്ചിന്തയേദ്ഭഗവത ശരണാറവിന്ദം വജ്രാങ്കുശ്വജ സരോരുഹലാഞ്ചനാട്യം പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണ നൃംനം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ഇങ്ങനെ ഭാഗവതത്തിൽ ഭഗവാന്റെ ദിവ്യൂപത്തിനെ വർണ്ണിച്ചത് ഏതെങ്കിലുമൊക്കെ നമുക്കിഷ്ടപ്പെട്ട രൂപത്തിനെയും ധ്യാനിക്കാം അവസാനം എന്താവും ആ രൂപം മറഞ്ഞിട്ട് ആത്മാവ് പ്രകാശിക്കും നമ്മൾ മറക്കേണ്ട ആ രൂപം മറഞ്ഞുപോകും മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനഹ സഹസ യഥാർച്ചിഹി ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകമന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ ആ രൂപം മറഞ്ഞു പോകുമ്പോ മറ്റുള്ള സങ്കല്പങ്ങളൊക്കെ പോയി ആ രൂപവും മറഞ്ഞു പോകുമ്പോ ആത്മാവ് അവിടെ തടസ്സമില്ലാതെ പ്രകാശിക്കുന്നതാണ് ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകമന്വീക്ഷത്തെ പ്രതിനിവൃത്ത ഗുണപ്രവാഹ സത്വം രജസ്തമസ് എന്നുള്ള ഗുണങ്ങളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ ആത്മാവിനെ വ്യവധാനം കൂടാതെ തടസ്സം കൂടാതെ കാണുന്ന അവിടെ അനുഭവത്തിൽ കാണും അപ്പോ അപ്പൊ അതിന് തയ്യാറായി നിരന്തരമായ ഏകാഗ്രത നിരന്തരമായ ആത്മവിചാരം ഞാൻ ആരാണ് മനസ്സിൽ അനേക വിചാരങ്ങൾ എത്ര വിചാരങ്ങൾ പൊന്തി വന്നാൽ എന്താ ഈ വിചാരങ്ങളൊക്കെ തന്നെ ആർക്ക് വരണം എനിക്ക് വരണു ഈ വിചാരിക്കുന്ന ഞാൻ ആര് എന്റെ സ്വരൂപം എന്താ ഈ ഞാൻ എന്നുള്ളത് എവിടെ പൊന്തുണു മനസ്സിൽ ഞാൻ എന്നുള്ള വിചാരം കൂടാതെ മറ്റൊരു വിചാരവും വരാൻ സാധ്യമല്ല ഇങ്ങനെ നിരന്തരം വിചാരിച്ച് സതതം യുഞ്ചിത ഇതാണ് യുജിധാതു യോഗം എന്നുള്ളതിനെ യോജിപ്പിക്കുക എന്നാണ് സമാധാനേ ചിത്തവൃത്തി നിരോധേ യോഗം ചിത്തവൃത്തികളെ എങ്ങനെ നിരോധിക്കും വൃത്തികളൊക്കെ പൊന്തുമ്പോ തന്നെ ജാഗ്രതയായി ഉദിക്കുന്ന വൃത്തികളെയൊക്കെ ഉദിക്കുന്ന സ്ഥാനത്ത് അടക്കും ഇത് നമ്മളൊന്നും പരിശീലിച്ചാൽ യോഗത്തിന്റെ സംസ്കാരം ഉണ്ടാകും ഇതൊക്കെ നമുക്ക് സാധിക്കുവോ നമ്മൾ ചോദിക്കും സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് നിരന്തരം പരിശീലിക്കണോ അത് സാധിക്കും അല്ലെങ്കിൽ സാധിക്കില്ല അല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വായിലിട്ട് തരാനുള്ള മെത്തേഡ് ഒന്നുമില്ല ഒരു ചോക്ലേറ്റ് വായിലിട്ടാൽ കാര്യം നടക്കണോ പോലെ ഒരു വഴിയൊന്നുമില്ല നമ്മൾ പതുക്കെ പതുക്കെ ഈ സംസ്കാരം ഉണ്ടാക്കിയെടുത്താൽ ഇപ്പൊ ജപം തന്നെ നോക്കിക്കൊള്ളാം എളുപ്പാണോ എളുപ്പമാണോ നമ്മൾ പറയണു നാമജപം എളുപ്പമാണോ എളുപ്പമാണെങ്കി എത്ര പേരും നിരന്തരം ജപിക്കണം അതും പരിശീലിച്ചെടുത്താലേ എളുപ്പമുള്ളൂ നിരന്തരം നാവ് ജപിച്ച് ജപിച്ച് ജപിച്ച് ജപിച്ച് പിന്നീട് മാനസികമായി തീർന്നു ഒരു ക്ഷണം പോലും വിടാതെ ജപിക്കാൻ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അഭ്യാസം ഉണ്ടെങ്കിൽ അതൊരു തപസ്സാണ് അപ്പൊ ജപം പോലും സിദ്ധിക്കണമെങ്കിൽ അഭ്യാസം വേണം അപ്പോ നിരന്തരം സതതം ആത്മാനം രഹസി ഒരു ജപധ്യാനം അനുഷ്ഠിക്കുക നമ്മള് ധ്യാനം എന്നല്ല ജപധ്യാനം എന്ന് പറയും എന്താന്ന് വെച്ചാൽ ജപിച്ചുകൊണ്ട് തന്നെ ധ്യാനിക്കുക ധ്യാനിച്ചുകൊണ്ട് ജപത്തിന്റെ ഇടയ്ക്ക് ധ്യാനിക്കുക ഇതൊക്കെയാണ് സമ്പ്രദായം അപ്പൊ ഏകാന്തത്തില് പ്രഭാതത്തില് ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ തപസ് ചെയ്യുമ്പോ അങ്ങനെയാ ജോലി ക്ഷീണമൊക്കെ പറ്റില്ല ഇതിനായിട്ട് സ്തമയം നീക്കി വെക്കുമ്പോ ബ്രാഹ്മ മുഹൂർത്തത്തിൽ കുളിച്ചിട്ടോ അല്ലെങ്കിൽ കഴുകിയിട്ടോ ഏകാന്തത്തിലിരുന്ന് ധ്യാനം പരിശീലിക്കുന്നു ചിത്താത്മാ നിരാശീഹി മറ്റുള്ള ആഗ്രഹങ്ങൾ ഒന്നും വെക്കാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ധ്യാനിക്കുമ്പോൾ അതിലൊക്കെ മനസ്സു പോകും നിരാശീഹി അപരിഗ്രഹാം എവിടെയിരുന്ന് ധ്യാനിക്കണം അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ശുചൌ ദേശേ പ്രതിഷ്ഠാപ്യ സനമാത്മനുത്ത ശൈലാജിന്കുശോത്തരം തൈക്കാഗ്രമനഃ യിന്ദ്രിക്യുപാസനേയുജ്യത് ശുചൌദേശെ ശുദ്ധമായ ഒരു സ്ഥലത്ത് വേണം ധ്യാനിക്കാം എന്നുവെച്ചാൽ ദിവ്യക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ നദീതീരങ്ങളോ അല്ലെങ്കിൽ തീർത്ഥ വൃക്ഷത്തിന്റെ ചുവടോ പൂന്തോട്ടമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടില് അതിനായിട്ട് എടുത്തു വെച്ചൊരു മുറി ആ മുറിയില് ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ വേണ്ടാത്തരം ചെയ്യുകയോ ഒന്നും ആവരുത് ആ മുറി അതിനുവേണ്ടി നീക്കി വയ്ക്കണം അത് പരമപവിത്രമായിട്ട് ശ്രദ്ധിക്കണം അത് ധ്യാനിക്കാനല്ലാതെ ഉപയോഗിക്കരുത് അങ്ങനെ ഒരു സ്ഥലം ആണ് ശുചൌദേശ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല വൃത്തി ഫൈവ് സ്റ്റാർ ഹോട്ടലും വൃത്തിയായിരിക്കും അല്ലേ അവിടെ ചെന്നാലോ അശുദ്ധമായ വൈബ്രേഷൻ ആയിരിക്കും അശുദ്ധമായ സ്പന്ദനമായിരിക്കും അപ്പൊ അവിടെ ചെന്നിരുന്ന് ധ്യാനിക്കാൻ പറ്റില്ല ശുദ്ധമായ സ്ഥലം എന്ന് വെച്ചാൽ പുറമേക്കുള്ള ശുദ്ധി മാത്രം പോരാ ആ സ്ഥലത്തിലെ സ്പന്ദനം ശുദ്ധമായിരിക്കും നമ്മളുടെ വീടിന് തന്നെ ഇതൊരു ലക്ഷണമാണ് വീട്ടിലെ അനാവശ്യമായ കാര്യങ്ങൾ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന്റെ സമാധാനം പോകും നമുക്ക് ചില വീടുകൾ കണ്ടറിയാം അവിടെ കടന്നാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല പിന്നെ പ്രശ്നം വെച്ച് നോക്കിയാൽ അതാണ് ഇതാണ് ബാധയാണോ മറ്റേതാണ് മത്സരാണോ ഒക്കെ പറയൂ വരും അതൊക്കെ കൊണ്ടവര് ഉദ്ദേശിക്കുന്നത് എന്താ അശുദ്ധമായ സ്പന്ദനങ്ങൾ അവിടെ ഉണ്ട് അർത്ഥം ഏത് വീട്ടിൽ ഭാഗവതം തന്നെ പറയുന്ന ഏതു വീട്ടില് നാമസങ്കീർത്തനം നടക്കുന്നില്ലയോ ഏതു വീട്ടില് ഭഗവത്ഭജനം നടക്കുന്നില്ലയോ ഏതു വീട്ടില് ഭാഗവതന്മാരും സാധുക്കളും പരമഭക്തന്മാരുടെയും പാദസ്പർശം ഏൽക്കുന്നില്ലയോ ആ വീട് പാമ്പിന്റെ പോട് പോലെയാണെന്നാണ് കൈയിട്ടാ കടിക്കും അല്ലെ പാമ്പ് അതുപോലെ അത്തരത്തിലുള്ള വീട് തന്നെ അശുദ്ധമായിട്ട് തീരും നമുക്ക് നമ്മുടെ വീട് തന്നെ അമ്പലമാക്കി മാറ്റണം വീട് തന്നെ ശുദ്ധമാക്കി മാറ്റണമെങ്കിൽ ഒന്നാമത് വീട്ടിന്റെ ഉള്ളിലുള്ള ആചാരം ശുദ്ധമാവണം രണ്ടാമത് വീട് മുഴുവൻ നമുക്ക് ഭജനത്തിനായിട്ട് ഉപയോഗിക്കണം അശുദ്ധമായിട്ടുള്ളത് കഴിയണത് ഒഴിച്ചു വയ്ക്കണം ഒരു ഗൃഹസ്ഥനത് പറ്റി അശുദ്ധം ഞാൻ ഉദ്ദേശിക്കുന്നത് ശാരീരികമല്ല ശാരീരിക അശുദ്ധത്തിന്റെ കാര്യമേ അല്ല പറയണം ശാരീരിക അശുദ്ധം അശുദ്ധമേ അല്ല ഒരു ലെവലിനു മേലെ അതൊക്കെ ചിലർ വളരെ കാര്യമായിട്ട് നോക്കും ശാരീരിക അശുദ്ധി ഒരു തലത്തിന് മേലെ അശുദ്ധിയല്ല കാര്യമായ അശുദ്ധി വായ കൊണ്ടുള്ള അശുദ്ധി മനസ്സുകൊണ്ടുള്ള അശുദ്ധി അത് നമുക്ക് സത്സംഗം കൊണ്ട് മാത്രമേ നീങ്ങുള്ളൂ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ നീങ്ങുള്ളൂ ധ്യാനം കൊണ്ടും ഭഗവത് ഭജനം കൊണ്ടും മാത്രമേ നീങ്ങുള്ളൂ അത് വീട്ടുകാർ തന്നെ ചെയ്യണം വേറെ ആരും ചെയ്തിട്ട് കാര്യമില്ല അത് നമ്മൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ശാന്തി നമുക്ക് ശാന്തി ഉള്ളിലുണ്ടായാൽ ആ ശാന്തി നമ്മളുടെ വീട്ടിലൊക്കെ പരക്കും നമ്മളുടെ ഉള്ളിൽ ശാന്തി ഉണ്ടായാൽ ആ ശാന്തി പുഷ്പത്തിന്ന് സുഗന്ധം എന്ന പോലെ വീട്ടിൽ പരന്നു നിൽക്കും അത് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ വീട്ടിലുള്ളവർ മുഴുവൻ ശാന്തമാണെങ്കിൽ വീടും ശാന്തമാകും തീർത്ഥക്ഷേത്രങ്ങളൊക്കെ തീർത്ഥക്ഷേത്രങ്ങളായത് പരമപ്രശാന്തരായ ജ്ഞാനികളുടെ സാന്നിധ്യം കൊണ്ടാണ് ഭാഗവതത്തില് വിദുരനോടതാണ് യുധിഷ്ഠിരൻ പറയുന്നത് തീർത്ഥികുറുവന്തി തീർഥാനി സ്വാന്തസ്തേന ഗതാഭൃത ഇപ്പോ സംഗമേശ്വര സ്വാമിയുടെ ഈ ദിവ്യക്ഷേത്രത്തിന് മൂലകാരണം നമ്മൾ അന്വേഷിച്ചാൽ കുലീപിനി മഹർഷിയുടെ തപസ്ഥാനം കുലീപിനി തീർത്ഥമാണ് എല്ലാ മഹാക്ഷേത്രങ്ങളും ഒരു ക്ഷേത്രം പോലും ഒരിടത്ത് സ്ഥലം കണ്ടുപിടിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചത് കൊണ്ടോ കുംഭാഭിഷേകം ക്ഷേത്രമായി തീരില്ല സാന്നിധ്യം ഉണ്ടാവില്ല ഒരിക്കലും നമുക്ക് അമ്പലം കെട്ടാനേ പറ്റില്ല നമ്മളൊരു ഭ്രമമാണ് ഇന്ന് കലിയില് ആളുകൾ അമ്പലം കെട്ടുന്നുണ്ട് ധാരാളം മാർബിള് കൊണ്ട് അമ്പലം കെട്ടുന്നുണ്ട് പണം കുമിച്ചിട്ട് അമ്പലം കെട്ടുന്നുണ്ട് സ്വർണം കൊണ്ട് കെട്ടിട്ട് പതു പടുക്കണുണ്ട് സാന്നിധ്യം തോന്നില്ല സാന്നിധ്യത്തിന് കാരണം അമ്പലം കെട്ടലുമല്ല സാന്നിധ്യത്തിന് കാരണം മന്ത്രജപം കൊണ്ടുള്ള പ്രതിഷ്ഠ പോലും അല്ല സാന്നിധ്യത്തിന് കാരണം ആ ക്ഷേത്രം ആ സ്ഥാനത്ത് തപസ്വികൾ ഉണ്ടായിരുന്നിരിക്കണം തപസ്വികൾ ഉണ്ട നമ്മളുടെ മഹാക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പൂർവ്വം അന്വേഷിച്ചു നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് വടക്കനാഥനായാലും ശരി ഗുരുവായൂരായാലും ശരി ഏത് ദിവ്യക്ഷേത്രങ്ങളായാലും നമ്മൾ അന്വേഷിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും അത് ഋഷികളുടെ തപസ്ഥാനമായിരുന്നിരിക്കണം ജ്ഞാനികളുടെയും ഭക്തന്മാരുടെയും തപസ്ഥാനമായിരിക്കും ഇപ്പോ കൽക്കട്ടയിലെ ദക്ഷിണേശ്വരം ക്ഷേത്രം ഏറ്റവും പ്രബലമായിട്ട് നിൽക്കുന്നു കാരണം എന്താ രാമകൃഷ്ണ പരമഹംസരെ അവിടെ പൂജിച്ചു അവിടെ ആരാധിച്ചു അദ്ദേഹത്തിന്റെ തപസ്സുകൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ശുചിയായ ദേശം എന്ന് വെച്ചാൽ തപസ്സുകൊണ്ട് പവിത്രമായ സ്ഥാനം എന്നർത്ഥം തപസ്സുകൊണ്ട് പവിത്രമായാൽ എന്താവും നമ്മുടെ അങ്ങനെ ഒരു സ്ഥലം നമ്മളുടെ വീട്ടിൽ വെച്ചാൽ അഥവാ നമ്മളുടെ വീട് തന്നെ അങ്ങനെ ആയിത്തീരുകയാണെങ്കിൽ വീട്ടിൽ കടക്കുമ്പോൾ തന്നെ ആരെങ്കിലും വിഷമത്തോടെ വന്നാൽ അവർക്ക് പോലും മനസ്സിന് ശാന്തി ഉണ്ടാവും നമുക്കും പുറമേക്ക് പോയി ഓഫീസിൽ പോയിട്ട് പല പല വിഷമങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ശാന്തി ഉണ്ടാവും അല്ലെങ്കിൽ ശ്മശാനത്തിൽ കയറണ പോലെ തോന്നും വീടും ചില വീടുകളിലൊക്കെ കയറിയാൽ നമുക്ക് ശ്മശാന പ്രതീതിയായിരിക്കും കാരണം എന്താ അവിടെ അനേക വിധത്തിലുള്ള രൗദ്രഭാവങ്ങളും രാഗദ്വേഷങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ അവിടെ അവിടെ അവിടെ എവിടെയായിട്ട് തളം കിട്ടി നിൽക്കും അത് നീക്കാൻ ഒരു മന്ത്രശക്തിക്കും സാധ്യമല്ല ഭക്തി യഥാർത്ഥ ഭക്തി ഉണ്ടാവണം യഥാർത്ഥത്തിൽ ഭഗവത് ആരാധന ഉണ്ടാവണം സത്സംഗം ഉണ്ടാവണം ഭഗവാനെ നമ്മൾ അവിടെ വിളിക്കണം ഭഗവാനെ ആഹ്വാനം ചെയ്ത് ഇരുത്തിയാലേ ആ സ്ഥാനം ശുദ്ധമാവുള്ളൂ അപ്പോ അതാണ് ശുചൌദേശം അങ്ങനെ ഒരു ശുചിയായ ഒരു ദേശത്തില് പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഹ ഭഗവാൻ പറയണു അങ്ങനെയുള്ള സ്ഥാനത്ത് ആസനം വെക്കുക അവിടെ ധ്യാനിച്ചാൽ എളുപ്പത്തിൽ ധ്യാനിക്കാൻ പറ്റും സ്ഥിരമാസനം നമുക്ക് ധ്യാനം സിദ്ധിച്ച ശേഷം എവിടെ വേണമെങ്കിലും ധ്യാനിക്കാം ധ്യാനം സിദ്ധിച്ച ശേഷം റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ട്രെയിനിലോ ഹോട്ടലിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ധ്യാനം സിദ്ധമാവുന്നതിന് മുമ്പ് നമുക്ക് പവിത്രമായ സ്ഥാനം വേണം അപ്പൊ ശുചൌദ്ദേശയെ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനം ആത്മനഹ സന്യാസികളൊക്കെ അതുകൊണ്ട് ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ താമസിക്കില്ല പ്രത്യേകിച്ച് പഴയകാലത്ത് ഇപ്പൊ അതൊന്നും നോക്കണില്ല അടുത്ത കാലം വരെ മഠത്തിലുള്ള പല മഹാത്മാക്കള് വലിയ മഠാധിപതികളായിരുന്നവർ പോലും ഗൃഹസ്ഥന്മാരുടെ വീട്ടിനകത്ത് കയറിയ അങ്ങനെ അവർക്ക് താമസിക്കണമെങ്കിൽ പോലും വീട്ടിന് പുറത്ത് എന്തെങ്കിലും കുടിലൊക്കെ കെട്ടിയിട്ട് അവിടെയൊക്കെ കിടക്കുള്ളൂ കാരണം എന്താ പല വിധത്തിലുള്ള അശുദ്ധ വ്യവഹാരങ്ങളും നടക്കുകയും പല വിധത്തിലുള്ള വിചാരങ്ങളും അവിടെ ഉണ്ടാവും അതുകൊണ്ട് ബാധിക്കാതിരിക്കാനാണ് ഈ ശുചൌദേശെ ശുദ്ധമായ സ്ഥലം സ്ഥലം എന്ന് തീരുമാനിക്കുന്നത് സ്ഥിരമാസനമാത്മന അവിടെ ആസനം ഉണ്ടാക്കിവെച്ച് ന അത്യുഛ്രിതം നാതി നീച്ചം വളരെ ഉയരത്തിലിരുന്ന് ധ്യാനിക്കാൻ പാടില്ലാന്ന് ധ്യാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാളും ഉയരത്തിലുള്ള സ്റ്റൂളിന്റെ കയറി ഇരുന്ന് ധ്യാനിച്ചാൽ ചിലപ്പോൾ അവിടുന്ന് കുപ്രകുത്തി ചോട്ടൽ വീഴും അപ്പോ ഞാ അത്യുഛ്രിതം പിന്നെ കുഴിയുടെ ഉള്ളില് പോയിട്ട് ഇരുന്നാലോ ശ്വാസം കൂട്ടും ചിലപ്പോ അല്ലേ ഞാൻ അതിനീചം ശൈലാജീന കുശോത്തരം ഒരു ദർഭ അതിൻ്റെ ഒരു മാൻതോല് ഒരു അതിൻ്റെ ഒരു മാൻതോല് അതിന്റെ നല്ലൊരു തുണി ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക എന്നാണ് പറയാ എന്താന്ന് വെച്ചാൽ യോഗ ഇവിടെ പറയാൻ പോണത് ജപിക്കുമ്പോൾ ധ്യാനിക്കുമ്പോഴൊക്കെ നമ്മളുടെ ഉള്ളില് വളരെ സാത്വികമായ സ്പന്ദനങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ടർ എന്ന പോലെ ഭൂമിയിലേക്ക് പോവു അത്ര ഞാൻ പറയാൻ കാരണം പരിപൂർണമായ ശരണാഗതി ചെയ്ത് ഭക്തിയിലോ അല്ലെങ്കിൽ ആത്മവിചാരത്തിലോ ഈ ആസനമൊന്നും പ്രത്യേകമല്ല നമുക്ക് നടന്നിട്ടോ മണ്ണിലിരുന്നിട്ടോ കല്ലിലിരുന്നിട്ടോ ധ്യാനിക്കാം പക്ഷെ യോഗസാധന എന്നൊക്കെ പറയുമ്പോഴാണ് ഏകാന്ത സ്ഥാനത്തില് ശൈലാജിനകുശോത്തരം ആസന ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലിരിക്കുക എന്നാണ് വളരെ ഉയരത്തിലും പാടില്ല ചവിട്ടിലും പാടില്ല തത്ര ഏകാഗ്രം മനഃകൃത്വ യഥചിത്തെന്ദ്രിയക്രിയ അവിടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഉപവിശ്യ ആസനേയുഞ്ചിയ യോഗം ആത്മവിശുദ്ധയേ ആ ആസനത്തിൽ ഇരുന്നു കൊണ്ട് ഏകാന്തമായ സ്ഥാനത്ത് മുമ്പില് ഒരു ദീപം കൊളുത്തിവെക്കുക ഒരു വിളക്ക് കൊളുത്തിവെക്കുക തീ എപ്പോഴും അടുത്തു വേണം വൈദികരായ ഋഷികള് കണ്ടുപിടിച്ച ഒരു രഹസ്യമാണ് വടക്കൊക്കെ സന്യാസികൾ ധുനി എന്ന് പറഞ്ഞിട്ട് മുമ്പില് അഗ്നിയെ കൊളുത്തിവെക്കും ഋഷികളൊക്കെ ആശ്രമത്തില് എപ്പോഴും അഗ്നി വെച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടെന്ന് വച്ചാൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നാൽ ആ സ്ഥാനത്തിലേക്ക് പല അശുദ്ധമായിട്ടുള്ള ജീവികളും അടുത്തു വരില്ലാന്നാണ് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലും കഴിയുന്നതും എണ്ണ വറ്റിപ്പോയാലും എണ്ണിലെ രാവും ഒരു വിളക്ക് കൊളുത്തി വെക്കാമെങ്കിൽ നല്ലതാ വിളക്കങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് ജ്വലിച്ചു കൊണ്ടിരിക്കട്ടെ ആ അന്തരീക്ഷം ശുദ്ധമാവാൻ തീ വേണം അല്ലാതെ ഇലക്ട്രിക് വിളക്കൊക്കെ ഉണ്ടാവും തൊട്ടു നോക്കിയാൽ ബൾബായിരിക്കും വിളക്കുപോലെ അതുപോല അപ്പോ തീ കൊളുത്തി വെച്ചോള അടുത്ത് അതിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ധ്യാനിക്കുക ശിവൻ പോലും പാർവതി കല്യാണത്തിന് മുമ്പ് ധ്യാനിക്കുമ്പോ തീ കൊളുത്തിവെച്ചിട്ടാണ് ധ്യാനിക്കുന്നത് കാളിദാസൻ പറയുന്നു തത്രാഗ്നി ആധായ സമിത് സമിദ് സ്വമേവ മൂർത്തിയന്തരമഷ്ടമൂർത്തി സ്വയം വിധാത ഫല കേ കുമാരസംഭവത്തിന് കാളിദാസൻ പറയുമ്പോ തത്ര അഗ്നിമാധായ സമിത് സമിത്ഥേ സമിത്തുകളൊക്കെ കൂട്ടിവെച്ച് അഗ്നിയെ കൊളുത്തിവെച്ച് അതിന്റെ മുമ്പിൽ